നാം ഭൂമിയെ അതിൻറെ അതിരുകളിൽ നിന്ന് ചുരുക്കിക്കൊണ്ടതിലേക്ക് വരുന്നത് അവർ കണ്ടില്ലേ അല്ലാഹു സുബഹാനഹൂവ തയാല വിധിക്കുന്നു അവൻറെ വിധിക്കു മാറ്റം വരുത്താൻ ആരുമില്ല അവൻ വേഗത്തിൽ കണക്കുകൂട്ടുന്നവനാണ്